നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുകയും അള്ളാഹു സുബഹാനഹുവ താലാവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് തേടുകയും ചെയ്യുക നിങ്ങൾ വിജയിക്കുന്നതിനായി അള്ളാഹു സുബാനഹുവ താനാവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുക